അള്ളാഹുസ്ബഹാനുഹുവ ചങ്ങാലായെക്കുറിച്ച് കള്ളം കെട്ടിച്ചമർത്തുന്നവർക്ക് പുനരുത്ഥാന നാളി എന്ത് സംഭവിക്കും തീർച്ചയായും അള്ളാഹുസ്ബഹാനുഹുവ ചങ്ങാല മനുഷ്യരോട് വലിയ അനുഗ്രഹം കാണിക്കുന്നവനാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും നന്ദി കാണിക്കുന്നില്ല